kashe hi ya mani tar ishi sasi siri dham sri lakshmi mantram kasira kala ye mani divya tam suhasana ോമോ എഥൈത ോത്രം എന്ന് പറഞ്ഞ അതേ താല്പര്യം തന്നെ ഇവിടെയും പറയുന്നു സ്വോത്രാതിരവി ശ്രോത്ര ശ്രോതം ചക്ഷു മനസ് അതിനെല്ലാം ശ്രോതവും ചക്ഷുവും മനസ്സായിരിക്കുന്നത് ആത്മഭൂതം അതിന്റെ എല്ലാം വാസ്തവസുരവുമായിരിക്കുന്നത് അതാണ് ബ്രഹ്മ അതോ എന്ന തത്ര തസ്സും ബ്രഹ്മണേയും ചക്ഷുനൊക്കെ ചക്ഷുരേന്ദ്രിയം എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ചക്ഷുരേന്ദ്രയും എത്തിച്ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ ചക്ഷുരേന്ദ്രിയം വിഷയങ്ങളിൽ എത്തിച്ചേരുന്നു ചക്ഷേന്ദ്രയും വിഷയങ്ങളെ ഗ്രഹിക്കുന്നു ഭഗവാന ചക്ഷുരേന്ദ്രിയും അതിന്റെ ആത്മഭൂതമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അത് ഗ്രഹിക്കുന്നില്ല അതിന് കാണാൻ കഴിയുന്നില്ല എന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല പ്രത്യക്ഷമല്ല പ്രത്യക്ഷ വിഷയമല്ല പ്രത്യക്ഷത്തെയാണ് നമ്മൾ മുഖ്യപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യക്ഷമായ ഒന്നെ നമ്മൾ ഉള്ളതായി സത്യമായി ഗണിക്കുകയുള്ളു പക്ഷെ ഇതങ്ങനെയല്ല അപ്പൊ ഇതിനെ കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യ കണ്ടിട്ട് ഇതിനെ അംഗീകരിക്കാൻ വയ്യത് മാത്രമേ സത്യമായിട്ടുള്ളതാണ് സത്യത്തിന് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന പ്രത്യക്ഷം അതിവിടെ സാധ്യമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അത് കണ്ണുകൊണ്ടുള്ള പ്രത്യക്ഷ അതിന് ചാക്ഷുഷപ്രത്യക്ഷത്യക്ഷം മാത്രമല്ല ചെവി ഉൾ കേൾക്കുന്ന ഒരു പ്രത്യക്ഷമാണ് മണക്കുന്ന ഒരു പ്രത്യക്ഷമാണ് രുചിക്കുന്ന പ്രത്യക്ഷമാണ് സ്പർശിക്കുന്ന പ്രത്യക്ഷമാണ് ഈ ഒരു പ്രത്യക്ഷത്തെ നിഷേധിച്ചതോടുകൂടി ബാക്കിയുള്ള എല്ലാ പ്രത്യക്ഷങ്ങളെയും നിഷേധിച്ചു ആത്മ സ്വസ്വരൂപം ബ്രഹ്മം അത് പ്രത്യക്ഷമല്ല പ്രത്യക്ഷമല്ല എന്നാൽ അതങ്ങനെ സത്യമാകും അതിനെന്താ പ്രമാണം ഒന്ന് സത്യമാണോ അസത്യമാണോ എന്ന് സ്വ അനുഭവത്തിലൂടെ വേണം തീരുമാനിക്കേണ്ടത് അനുഭവത്തിന് പ്രമാണം ആവശ്യമാണ് ഇവിടെ ഇതാ ഒരു അനുഭവത്തിനും വിഷയമല്ല എന്ന് നടത്തി പറയും പ്രത്യക്ഷവുമല്ല പിന്നെ അതിനെന്താ പ്രമാണം അത് ഉണ്ടെന്നങ്ങനെ കരുതും സ്വതപ്രമാണം മറ്റു പ്രമാണങ്ങളെയൊന്നും അത് അപേക്ഷിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് സ്വാത്മനി ഗമനാ സംഭവം നിങ്ങൾക്കൊരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവാം നമുക്ക് ഒന്നും കൊണ്ടും മറ്റൊന്നിനെ അറിയാൻ പറ്റും ഗമനം ഞാനും രണ്ടും ഒന്ന് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാ താൻ സ്ഥലത്തേക്ക് തൻ്റെ ചുവട്ടടിയിലേക്ക് എങ്ങനെയാണ് ഒരാൾ നടക്കുന്നത് സാധ്യമല്ലല്ലോ നടക്കണമെങ്കിൽ തന്റെ ചുവടെ ഇളക്കണം കാലളക്കണം മറ്റൊരു സ്ഥലത്തേക്കേ പറ്റും അതുപോലെ അറിയണമെങ്കിൽ മറ്റുള്ളതിനെ അറിയാൻ പറ്റും തന്നെ എങ്ങനെ അറിയാൻ പറ്റും സ്വപ്നനി സ്വസ്വരൂപത്തിൽ ഗമന സാധ്യമല്ല അറിവ് സാധ്യമല്ല അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രിയങ്ങളെ ഉദാഹരണമായിട്ട് ഇവിടെ എടുക്കുന്നത് തഥാ നഗ്ഗതി ഈ പറയുന്ന ഒന്നും അതിനെയല്ല വാക്കവിടെ എത്തിച്ചേരുന്നില്ല വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ സാധ്യ നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് ഇതിനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നാ ഇത് പറഞ്ഞു വെളിപ്പെടുത്താൻ സാധ്യമല്ല വാചാഹി ശബ്ദ ഉച്ചാരിയുമാണോ അഭിതേയും പ്രകാശ വാക്കുകൊണ്ട് ശബ്ദത്ത് ഉച്ചരിക്കുന്നു വാക്കിന്റെ വിഷയം നമുക്ക് വ്യക്തമാകുന്നു പുസ്തകം എന്ന് കേൾക്കുന്നു പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനങ്ങളിലുണ്ടാകുന്നു പബ്ദ ഉച്ചാരിയമാണ് ശബ്ദം അവിടെ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദം അത് പുസ്തകം അഭിഥേയം എന്താണ് വസ്തു ശബ്ദവും അർത്ഥവും വാക്കും അർത്ഥവും ശബ്ദവും വിഷയവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് ശബ്ദത്തിലൂടെ ഓരോന്നിനെയും പ്രകടമാക്കും പ്രകാശിപ്പിക്കുന്നു അതിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു അതുപോലെ നമ്മൾ ധരിക്കുന്നെന്താണോ ഈ സ്വസ്വരൂപത്തെയും അങ്ങനെ ധരിക്കും വാക്കിലൂടെ ധരിക്കും യഥാ തഥാ അഭിജേയം പ്രതി വാഗ്വച്ചതീ തിരിച്ചത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നു അർത്ഥത്തെ ഗ്രഹിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു ശബ്ദവും അർത്ഥവുമായി ബന്ധപ്പെടുന്നു അർത്ഥത്തിനും പരസ്പരം പിരിയാൻ വയ്യാത്ത ബന്ധമാണ് അതുകൊണ്ടാണ് ആ ശബ്ദം ബോധിപ്പിക്കുന്നത് അവിടെ നമുക്ക് പറയാം എന്താണോ ശബ്ദം അർത്ഥത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദം അർത്ഥത്തെ പ്രവാചിപ്പിക്കുന്നു എന്ന് പറയും ഇവിടെ നമ്മൾ ശബ്ദത്തിലൂടെ അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു അത് വൃദ്ധാശ്രമമാണ് അത് സാധ്യമല്ല ഇതിനു ഗ്രഹിക്കാൻ സാധ്യമല്ല എന്തുകൊണ്ട് തസ്സി ശബ്ദ നിർവർത്തക ആത്മാ ബ്രഹ്മ അതോ എന്ന വാഗ്ഗതി ശബ്ദം ശബ്ദത്തിന്റെ നിർവർത്തകമായിരിക്കുന്നു ശബ്ദത്തെ പുറപ്പെടുവിക്കുന്ന കരണം വാഗേന്ദ്രിയം അതിന്റെ എല്ലാം ആത്മാസ്വരൂപമായിരിക്കുന്നതാണ് ഈ ബ്രഹ്മം സ്വസ്വരൂപം അതുകൊണ്ട് വാക്കവിടെ പ്രവർത്തിക്കുന്നു സ്വരൂപത്തിൽ പ്രവൃത്തി സാധ്യമുണ്ട് അതാണ് ഒരിടത്തും അത് സംഭവിക്കുന്നത് പ്രവർത്തിക്കുന്നതിന് രണ്ടു വേണം ഒന്നും മറ്റൊന്നിലേക്ക് പ്രവർത്തിക്കും മനസ്സായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും കർമ്മേന്ദ്രിയങ്ങളായാലും ബാഹ്യമായ വസ്തുക്കളായാലും ശരി ഒന്നും മറ്റൊന്നിനോട് ചേർന്നേ പ്രവർത്തിക്കും ഒന്നിനും അതിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല വിരൽ തുമ്പുകൊണ്ട് വേറൊരു വിരൽ തുമ്പിത്തണം അതിന് അതിനെ തന്നെ സ്പർശിക്കാൻ സാധ്യമല്ല കണ്ണുകൊണ്ട് വേറൊരു കണ്ണിനെ കാണാം മറ്റു വിഷയങ്ങളെ കാണാം കണ്ണിന് കണ്ണിനെതിരിട്ട് നോക്കാൻ വയ്യ അതിനെ കാണുന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞെന്താണോ തന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും മറ്റൊന്നിൽ പ്രവർത്തിക്കാം ഇവിടെ ശ്രോത്രത്തിന്റെ വാക്കിൻ്റെ മനസ്സിൻ്റെ എല്ലാം ആത്മാവായിരിക്കുന്നു അതിൻ്റെ എല്ലാ സ്വരൂപമായിരിക്കുന്നു സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതൊന്നിലാണോ അത് പ്രവർത്തിക്കുന്നു അതാണ് അതിൻ്റെ സ്വരൂപം ഏതൊന്നിലാണോ അത് നിലനിൽക്കുന്നത് അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കസേരയിൽ ഇടിക്കുന്നു ഞാൻ ഭൂമിയിൽ നിൽക്കുന്നു അതുകൊണ്ടൊന്നും ഇതെന്റെ സ്വരൂപമാകുന്നു കസേരയോ ഭൂമിയോ എന്റെ സ്വരൂപമല്ല ഞാനതിനെ ആശ്രയിക്കും അതത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ദർപ്പണത്തിലെ ദൃശ്യം ദർപ്പണത്തിലെ ദൃശ്യം ആ ദൃശ്യത്തിന്റെ സ്വരൂപം ദർപ്പണം അതുപോലെ അതുപോലെ മനസിലാകും ദൃശ്യത്തിന്റെ സ്വരൂപം ദർപ്പണമായിരിക്കുന്നതുപോലെ അവിടെ എന്താ അതിനെ പിരിക്കാൻ പോയ ഞാൻ ഭൂമിയെ ആശ്രയിച്ച് നിൽക്കുന്നു പക്ഷെ രണ്ടിനെ വേർപെടുത്താം ആ ദർപ്പണത്തിൽ നിന്ന് ദൃശ്യത്തെ വേർപെടുത്താൻ പോയി ആ ദൃശ്യത്തിൽ നിന്ന് നമുക്ക് ദർപ്പണത്തെയും ഏർപ്പെടുത്താൻ കഴിയും ആ ദർപ്പണത്തിൽ ദൃശ്യം കാണുമ്പോൾ അതൊന്നായി പോന്നായിരിക്കും ഇവിടെ രണ്ടില്ല അതിനാണ് ആത്മാവെന്ന് പറയുന്നത് സ്വരൂപം എന്ന് പറയുന്നത് അതുപോലെ ശബ്ദത്തിന്റെ ശബ്ദത്തിന്റെ നിർവർത്തകമായിരിക്കുന്നു ശബ്ദത്തിന്റെ ആ പ്രകടഭാവത്തിന് ഉപായമായിരിക്കുന്ന കർണമായിരിക്കുന്ന ആ ഇന്ദ്രിയത്തിന്റെ എല്ലാ സ്വരൂപമായിരുന്നു അതിൽ എങ്ങനെ അതിന് പ്രവർത്തിക്കാൻ പറ്റും സാധ്യമല്ല വേർതിരിക്കാൻ വയ്യാത്തോണ്ട് അതോ ഒന്ന് വാക്ക് വെച്ചതി വാക്കവിടേക്ക് പോകുന്നില്ല അപ്പൊ ഇവിടെ ഈ ശ്രോതാവ് ഈ ചോദ്യം ചോദിച്ചയാൾ അല്ലെങ്കിൽ പൃഷ്ഠാവ് ചോദ്യം ചോദിച്ചയാളോ അയാൾ നമ്മൾ ചോദ്യം ചോദിക്കുന്ന ഇപ്പോ നമ്മുടെ അറിവിനെ ആശ്രയിച്ച് നമ്മൾ ആർജിച്ചിട്ടുള്ള അറിവിനെ ആശ്രയിച്ചു ചോദിക്കുന്നതല്ല അറിവിനെങ്ങനെ ആർജിക്കുന്നു കർണങ്ങളിലൂടെ മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളിലൂടെ ആർജിച്ച അറിവിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ഈ ചോദ്യങ്ങളിലൂടെ ആ ചോദ്യങ്ങളുടെ സമാധാനത്തിലൂടെ ഇത് വെളിപ്പെടുമോ വെളിപ്പെടുമെന്നുള്ള ധാരണയിലാണ് ചോദിക്കുന്നത് ആ ധാരണയിലൂടെ ചോദ്യത്തിലൂടെയും സമാധാനത്തിലൂടെയും ഇത് വെളിപ്പെടുന്നതല്ല സർവത്തിന്റെ ആത്മാവായിരിക്കുന്നു സ്വരൂപമായിരിക്കുന്നുണ്ട് ഇതിനെ ഒന്നുകൊണ്ടും വെളിപ്പെടുത്താൻ സാധ്യമല്ല അതിനടുത്ത് പറയുന്നത് ഉദാഹരണ സഹിതം യഥാ അഗ്നി ദാഹക പ്രകാശകശ്ശാത്മാനം പ്രകാശി ദഹത്തിച്ച തത്വം അതിനൊരു നല്ല ഉദാഹരണം പറയുന്നു സാധാരണ പറയുന്ന ഉദാഹരണം തന്നെ അഗ്നിദാഹക പ്രകാശക അഗ്നി ദഹിപ്പിക്കുന്നു ചൂടാക്കുന്നു അഗ്നി ഉഷ്ണമുള്ളതാണ് പ്രകാശൊക്കെ പ്രകാശിപ്പിക്കുന്നു സന്ധ്യാത്മാനം എന്ന പ്രകാശം ദഹത്തിച്ചു പക്ഷെ അത് അതിനെ പ്രകാശിപ്പിക്കുന്നതാണ് ദഹിപ്പിക്കുന്നത് അഗ്നി അഗ്നിയെ ദഹിപ്പിച്ചരുതെങ്കിൽ അഗ്നി നശിച്ചുപോകും അഗ്നി ഇന്ധനത്തെ ദഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ധനം നശിച്ചു അഗ്നിയും അപ്രത്യക്ഷമാകുന്നു പക്ഷെ അഗ്നി അഗ്നിയെ ദഹിപ്പിക്കുന്നില്ല അതിനു കഴിയില്ല അതുപോലെ തന്നെ അഗ്നി മറ്റുള്ള സർവത്തെയും പ്രകാശിപ്പിക്കുന്നു അഗ്നി അഗ്നി പ്രകാശിപ്പിക്കുന്നില്ല അഗ്നി അഗ്നിയെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ ചെറിയ ചോദിക്കും അഗ്നിയുടെ ആ പ്രകാശത്തെ അതിനെ പ്രകാശിപ്പിക്കുന്ന അഗ്നി തന്നെയാണല്ലോ അഗ്നിവാസ്തവത്തിൽ അഗ്നിയെ പ്രകാശിപ്പിക്കുകയല്ലേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അഗ്നിയെ നമ്മൾ കാണുന്നത് എന്ന് ചില ചോദിക്കും അഗ്നിയെ പ്രകാശിപ്പിക്കുന്നില്ല നമുക്ക് തോന്നുന്നു എന്താണ് അഗ്നിയാണ് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത് പ്രകാശിക്കുമ്പോ ആ പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു അഗ്നിയുടെ വസ്തു എന്താ ചെയ്യുന്നത് അതിനെ പ്രകാശിപ്പിക്കുകയല്ല ചെയ്യുന്നത് പിന്നെ എങ്ങനെ നമ്മൾ അഗ്നിയെ കാണുന്നു രണ്ടു രീതി നമ്മൾ ഒരിക്കുന്നു അഗ്നിയുടെ പ്രകാശം കൊണ്ട് മാത്രമല്ല അഗ്നിയെ കാണുന്നു അഗ്നിയുടെ പ്രകാശം രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് അത് അവിടെ ഉണ്ടായിരുന്ന അന്ധകാരത്തെ നശിപ്പിച്ചു അതേ അത് ചെയ്യുന്നുള്ളു അന്ധകാരത്തെ അത് നശിപ്പിക്കുന്നു അതാണ് അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത് അഗ്നി കാണുന്നവന് പ്രകാശിക്കുന്ന എന്തുകൊണ്ട് അന്ധകാരത്തെ നശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല പിന്നെയോ കാണുന്നവന്റെ കണ്ണതിനെ പ്രകാശിപ്പിച്ചതുകൊണ്ടാണ് എന്തുകൊണ്ട് അന്ധന്റെ മുമ്പിൽ അഗ്നി പ്രകാശിച്ചാൽ അവൻ കാണൂ കാണുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടവിടെ അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പറയുന്നു അഗ്നി സ്വയം അഗ്നിയെ പ്രകാശിപ്പിക്കണം അഗ്നിക്ക് എങ്ങനെ പ്രകാശിപ്പിക്കുന്ന ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ അന്ധനും അത് പ്രകാശിക്കേണ്ടായിരുന്നു അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന അഗ്നിയല്ല കണ്ണാണ് അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത് അന്ധനാ കണ്ണില്ല അതുകൊണ്ട് അന്ധന മുമ്പിൽ അഗ്നി പ്രകാശിപ്പിക്കുന്നു കണ്ണുള്ളവനും അഗ്നിയില്ലെങ്കിൽ കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് അവിടെ അഗ്നി അന്ധകാരത്തെ നശിപ്പിച്ചില്ല അത് രണ്ടും അപ്പൊ അഗ്നിക്ക് ഒരു ജോലിയേ ഉള്ളൂ ഇത് നോക്ക് മനസ്സിലാക്കാം അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജോലിയില്ല മറിച്ച് അഗ്നിക്ക് അന്ധകാരത്തെ അകറ്റുക അങ്ങനൊരു ജോലിയുള്ളു അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന ആര് കണ്ണു തന്നെ ചക്ഷിരേന്ദ്രിയം ആ കണ്ണിനെ പ്രകാശിപ്പിക്കുന്നത് മനസ്സ് മനസ്സിന്റെ പ്രകാശത്തേണ് ഇവിടെ മനസ്സോ മനോയത്വം മനസ്സിന്റെ മനസ്സെന്ന് പറഞ്ഞത് അപ്പോൾ മനസ്സിന്റെ മനസ്സായിരിക്കുന്ന ആ പ്രകാശം മനസ്സിലൂടെ ചക്ഷിരേന്ദ്രിയത്തിലൂടെ ആണ് ഈ അഗ്നിയെ പ്രകാശിപ്പിക്കുന്നത് അപ്പോൾ അഗ്നിയെ അതുകൊണ്ട് തന്നെ അഗ്നിക്ക് അഗ്നിയെ പ്രകാശിപ്പിക്കാൻ സാധ്യമുണ്ട അഗ്നിയെ പ്രകാശിപ്പിക്കണമെങ്കിൽ കണ്ണും മനസ്സും അതിന്റെ പിന്നിലുള്ള ആത്മപ്രകാശങ്ങൾ ആത്മപ്രകാശത്തിലാണ് അത് പ്രകാശിക്കുന്നത് ഏതുപോലെ കണ്ണാടിയിലെ ബിംബങ്ങളെല്ലാം പ്രകാശിക്കുന്നത് ആ കണ്ണാടിയിലാണ് അതൊരു പ്രകാശം അതുപോലെ അതിൽ സർവവും പ്രകാശിക്കുന്നു അതുപോലെ ആത്മപ്രകാശത്തിൽ അഗ്നി ഉൾപ്പെടെയുള്ള സർവ്വതും പ്രകാശിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നതിനു സാധ്യമല്ല അതാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ പിന്നെ വാക്കുകൊണ്ടെങ്കിൽ അതിനെ പ്രകാശിപ്പിക്കാൻ പറ്റും സാധ്യമല്ല ആത്മപ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു ആ പ്രകാശം നിരപേക്ഷമാണോ എന്ന് ചോദ്യം ചോദിച്ചവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണോ ഇവിടെ ആചാര്യം ശ്രമിക്കുന്നത് ആത്മാനെന്ന സങ്കൽപേതി ബ്രഹ്മ ആത്മേരി ബ്രഹ്മ ആത്മപ്പാർ ചെറുപ്പം നമ്മനോ മനസ്സും കൂടെ എത്തിച്ചേരുന്നില്ല മനസ്സെല്ലാ ഇന്ദ്രിയങ്ങളുടെയും പിറകിൽ നിന്നുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നു അതുതന്നെ പ്രാണരൂപത്തിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങൾക്കും പിന്നിൽ നിന്നുകൊണ്ട് സർവപ്രവൃത്തികളെയും ചെയ്യിക്കുന്നു ഒന്നു തന്നെ പ്രാണനും മനസ്സും ഒന്നു ഒന്നിന്റെ തന്നെ രൂപാന്തരമാണ് അങ്ങനെയുള്ള മനസ്സിന് സർവത്തെയും പ്രകാശിപ്പിക്കാൻ പറ്റും പക്ഷേ ഇതിനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല അറിവിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല ഇന്ന മനഹ എന്തുകൊണ്ട് സങ്കല്പിക്കുന്നു മനസ് ഇത് പുസ്തകമാണ് ഇത് പേനയാണ് ഇത് മേശനയാണ് ഇത് പകലാണ് ഇത് രാവാണ് ഇത് ദേശമാണ് ഇത് കാലമാണ് ഇങ്ങനെ സങ്കല്പിക്കുന്നു അതുപോലെ ഇത് ആത്മാവാണെന്ന് അതിനെ സങ്കല്പിക്കാൻ പറ്റില്ല മനസ്സിനങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല നിശ്ചയിക്കുന്നു അത് തന്നെ ഉറപ്പിക്കുന്നു അതാണോ ഇതാണോ എന്ന് വകൽപ്പിക്കുന്നു ഇത് തന്നെ അല്ലെങ്കിൽ അത് തന്നെ എന്ന് സങ്കല്പിക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനെ സംബന്ധിച്ചും മനസ്സിന് അങ്ങനെ ഒരു കഴിവുണ്ട് ഏതിനെയും അതിനെ നിശ്ചയിക്കാം വികൽപ്പിക്കാം സങ്കല്പിക്കാം പക്ഷെ ആത്മാനം സങ്കല്പേരി ആത്മാവിനെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാൻ സാധ്യ അധ്യവസ്ഥി തസ്യാവി ആത്മത്വം അതിന്റെയും സ്വരൂപമായിരിക്കുന്നു അതുകൊണ്ടാണ് അതിന്റെയും സ്വരൂപമായിരിക്കുന്നു തസ്യാവി ആത്മത്തോടെ ഒരു വാക്കുവിട്ടുപോയിട്ടുണ്ട് ബ്രഹ്മ അതിൻ്റെ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് ഇവിടെയെല്ലാം മനസ്സിലാക്കി തരുന്ന എന്താണോ ഇതിനെ അറിയാൻ ബോധ്യപ്പെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് അത് അസാധ്യമാണ് എന്നാണ് അന്യമായ ഒന്നിനെക്കുറിച്ച് തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും ഉറപ്പിക്കാനും പറ്റൂ അപ്പൊ ചെറു ചോദിച്ചപ്പോൾ ആത്മജ്ഞാനികളോ ആരെ സംബന്ധിച്ചാലും ഇത് ശരി തന്നെയാണ് ഒരു ജ്ഞാനിക്കും സാധ്യമല്ല പിന്നെ ആത്മജ്ഞാനി എന്ന് പറയുന്നോ നമ്മുടെ സങ്കല്പമാണ് നമ്മൾ സങ്കല്പിക്കുന്നു ആത്മജ്ഞാനി ഇങ്ങനെ ആയിരിക്കും ആത്മജ്ഞാനി മനസ്സുകൊണ്ട് അതിനെ അറിയുന്നു എന്നല്ല അത് മനസ്സിന് വിഷയമല്ല ജ്ഞാനിക്കും വിഷയമല്ല അജ്ഞാനിക്കും വിഷയമല്ല അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ അവിടെ ഇന്നും ഇത് മനസ്സിന് വിഷയമാണെന്നല്ല പറയുന്നത് തിന്റെ ആവശ്യം ഉപദേശങ്ങളുടെ ആവശ്യം ഒരു ഉപദേശങ്ങളൊന്നും ഇത് ഇതിന്റെ മനസ്സ് കൊണ്ടുപിടി കിട്ടും എന്നല്ല പറയുന്നു മനനത്തിന്റെ പ്രയോജനം എന്തോന്നു ഇത് മനസ്സുകൊണ്ട് പിടിയിട്ടിരുന്നു മനനം രണ്ടു തരത്തിൽ വരാം ഒന്നും മനനം വിഷയനിഷ്ഠമായിട്ടുള്ള മനനം മനനം അവലംബമായിരിക്കുന്ന ശാസ്ത്രം കാസർ എന്നോ ഉപദേശമെന്നോ പറ രണ്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മനനത്തിന്റെ അവലം രണ്ടു തരത്തിൽ വരാം ഒന്ന് വിഷയനിഷ്ഠമായിട്ട് വരാം മറ്റൊന്ന് ആത്മനിഷ്ഠമായിട്ടും വരാം ഇവിടെ പറഞ്ഞു വരുന്നതിന്റെയൊക്കെ താല്പര്യം എന്താണ് വിഷയനിഷ്ഠമായ മനസ്സം മനനം കൊണ്ട് ഇത് സാധ്യമല്ല ആത്മനിഷ്ഠമായ മനനം കൊണ്ട് ഇത് സാധ്യമാണ് എന്നാണ് പറഞ്ഞു വിഷയനിഷ്ഠമായ മനണമെന്ന് പറയുന്നത് എന്താണ് നമ്മൾ സാധാരണ ഭൗതികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സ്ഥിതിവിവര കണക്കുകളെല്ലാം സ്വീകരിക്കുക വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെക്കുറിച്ച് ആത്മതത്വത്തെക്കുറിച്ച് എല്ലാം പഠിക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് വിഷയനിഷ്ഠമായ മനനമെന്ന് പറയുന്നത് ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കുക സാർ നമ്മൾ അതിനാണ് ശ്രമിക്കുന്നത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കാൻ നമ്മുടെ ബുദ്ധിയിൽ സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ ശാസ്ത്രത്തിലെ വചനങ്ങൾ ഇതല്ല അതെല്ലാം മൂല്യവത്താണ് നിഷ്പ്രയോജനമല്ല ഇവിടെ പറയുന്നത് അതെല്ലാം പ്രയോജനമുണ്ടോ പ്രയോജനമില്ലാക്കോ എന്നുള്ളതല്ല നേരിട്ട് ഇതെങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നേരിട്ട് പ്രയോജനം എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്തിയെക്കുറിച്ച് പഠിക്കും മനസ്സിലാക്കി വയ്ക്കുകയാണ് ഭക്തി നവതാ ഭക്തി ഉദാഹരണ സഹിതം പഠിച്ചു വയ്ക്കും ഹനുമാന്റെ ഭക്തി അർജുനന്റെ ഭക്തി ഇങ്ങനെ കുറേയധികം ഭക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു വയ്ക്കും എന്താ പ്രയോജനം ഇങ്ങനെ ഇങ്ങനെയുള്ള ഭക്തികൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം ആ പ്രയോജനമുണ്ട് ഭക്തിക്ക് ഇങ്ങനെ പല മാർഗങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് ഏതെങ്കിലും ഒന്നും തന്റേതാകാത്തടത്തോളം കാലം അത് വിഷയനിഷ്ഠമായ മനനമാണ് പ്രയോജനമില്ല തന്നെ സംബന്ധിച്ച് അതിന് പ്രയോജനമില്ല അതുകൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുള്ള വളരെ പേരുണ്ടായി പക്ഷെ തന്നെ സംബന്ധിച്ച് അത് ഏതെങ്കിലും ഒന്നും തന്റേതാകുന്ന ആകാത്തിടത്തോളം കാലം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല നമ്മൾ യോഗത്തെക്കുറിച്ച് പഠിക്കുന്നു സവികല്പ സമാധി നിർവികൽപ്പ സമാധി സബീജം നിർബീജം അങ്ങനെ നിരവധി സമാധികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു യോഗശാസ്ത്രം മുഴുവൻ മനഃപ്പാടം ചെയ്യുന്നു വിഷയനിഷ്ഠമായ പഠനം മനനം ഏതെങ്കിലും ഒരു സമാധി നമ്മുടെ സ്വന്തമാകാത്തൊക്കെ തുടങ്ങാനോ അതുകൊണ്ട് എന്താ പ്രയോഗം നമ്മളവിടെ സ്ഥിതിവിവരക്കണക്കുകൾ നമ്മൾ സഞ്ചയിച്ചു വയ്ക്കുകയാണ് ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും പരോക്ഷ ജ്ഞാനം അപരോക്ഷ ജ്ഞാനം അധ്യായോപം അപവാദം നിരവധി പ്രക്രിയകൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതുപോലെ തന്ത്രത്തെ കുറിച്ചോ യന്ത്രത്തെക്കുറിച്ചോ മന്ത്രത്തെക്കുറിച്ചോ എല്ലാം മനസ്സിലാക്കാം ഒരുപാട് കാര്യങ്ങൾ ഇത് വിഷയനിഷ്ഠമായ മനനാണ് ഏതിനെ സംബന്ധിച്ചു ഇത് ഒന്ന് തനിക്ക് സ്വന്തമാകാത്തിടത്തോളം കാലം ഇത് യാതൊരു പ്രയോജനവും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മൂല്യവത്താണ് നിങ്ങൾ എത്രയോ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ കൊണ്ട് നിങ്ങളുടെ തലച്ചോറ് നിറയ്ക്കുക വിവേകാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞു രാമകൃഷ്ണദേവൻ പറഞ്ഞു കൃമണമഹർഷി പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു ഇതെല്ലാം തലച്ചോറിന് ഭാരം എന്നുള്ളത് കഴിഞ്ഞത് ഏതെങ്കിലും ഒന്ന് തന്റേതാകാത്തിടത്തോളം കാലം ഇതുകൊണ്ടൊന്ന് യാതൊരു പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് ശാസ്ത്രം നിഷലമാണോ എന്ന് പറയും മനുഷ്യന്റെ മനസ്സിൽ ആ ജീവന്റെ മനസ്സിൽ ജിജ്ഞാസ അവൻ അവ അറിവ് ആർജിക്കാൻ ശേഖരിക്കും അതിനുവേണ്ടി പ്രയത്നിക്കും എല്ലാം തന്റെ ഉള്ളിലാക്കും അത് തലച്ചോറിന് ഭാരം ഉണ്ടാവും ഈ സ്ഥിതിവിവരക്കണക്കുകളുണ്ട് എന്താ ഒരു കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നത് പോലെ ഉള്ളു അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നും ഉണ്ടാകത്തില്ല അതാണ് വിഷയനിഷ്ഠമായ മനണമെന്ന് പറയുന്നത് ഇങ്ങനെ വിഷയനിഷ്ഠമായ അറിവ് അല്ല അത് പ്രയോജനം ചെയ്യത്തില്ല പത്ത് പനിഷത്തല്ല നൂറുപനിഷത്ത് പഠിച്ചാലും പ്രയോജനം വീണ്ടും വീണ്ടും നമ്മുടെ തലച്ചോറ് പെരുകൊണ്ടിരിക്കുന്നു മറിച്ച് ഇതിൽ ഏതെങ്കിലും ഒന്ന് തൻ്റേതായി മാറുന്നു ഏതെങ്കിലും ഒന്ന് അപ്പോൾ അത് ആത്മനിഷ്ഠമായി അതിനാണ് ആത്മനിഷ്ഠമായ പറയുന്നു അപ്പോൾ അതെങ്ങനെയാ അതെങ്ങനെയാ തന്റേതാകുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഏതാണ് തനിക്ക് പറ്റിയത് അത് താൻ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പം മാത്രമേ ഒരുവിന് അന്തർമുഖമാകാൻ പറ്റുള്ളൂ അതുവരെ വിഷയമുഖമായിരിക്കും ബേർമുഖമായിരിക്കും അപ്പം നാനാ ആധ്യാത്മിക മാർഗങ്ങളെക്കുറിച്ച് ശാസ്ത്രങ്ങളെക്കുറിച്ച് അറിവ് നേടി അറിവുകൊണ്ട് ഒരുവൻ തന്നെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഏതെങ്കിലും ഒന്ന് സ്വാം സ്വീകരിച്ചാൽ അത് തന്റേതായ തന്റേതാ ആയിത്തീരണമെന്ന് അവിടെ മനസ്സന്ദർമുഖമാവും അല്ലെങ്കിൽ അത് ബഹുമുഖം തന്നെ എത്ര വിജ്ഞാനം എത്ര വിപുലമായാലും ശരിക്കും ആത്മാവിനെ ഒരുപാട് കൊടുപ്പും തൂങ്ങലും വെച്ച് വർണ്ണിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ശരി അതെല്ലാം അർത്ഥശൂന്യമായിപ്പോ അതെല്ലാം സ്ഥിതിവിവരക്കണക്കുകളും ഒരുപാട് പ്രക്രിയകൾ ധരിച്ചു വച്ചു വേദാന്ത പ്രക്രിയകൾ ചിന്താരീതികൾ അധ്യാരൂപവാദന്യായങ്ങളെല്ലാം നമ്മൾ ധരിച്ചു വച്ചാലും ശരി ഇതിൽ നമുക്ക് മാത്രമായിട്ട് ഏതോ ഒന്ന് കിടപ്പുണ്ട് ശാസ്ത്രമോ ആചാര്യന്മാരുടെ ഉപദേശങ്ങളും ഒന്നും മൂല്യമില്ലാത്തതല്ല പക്ഷേ അതിൽ നിന്ന് തനിക്ക് സ്വീകാര്യമായ എന്തോ ഒന്നും അത് ഒരുവൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എത്രയും പെട്ടെന്ന് അത് സ്വാം സ്വീകരിക്കുക അവിടെയാണ് ഒരുവൻ വിജയിക്കുന്നത് ഇവിടെ വിവംശത്തിനും മറ്റും അങ്ങനെ അഖമുഖമായ അന്തർമുഖമായ ആത്മനിഷ്ഠമായ ഒരു മനനത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അല്ലാതെ നിങ്ങളുടെ ആ വിഷയ ഗ്രഹണ സാമർഥ്യത്തെ വർദ്ധിപ്പിക്കാൻ തലച്ചോറിന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ബുദ്ധിയെ വലുതാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ചിന്താ ശേഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കാമെന്ന് ധരിക്കുന്നത് അറിവിനെ ആർജിക്കാവുന്ന ശരി ധരിക്കുന്നത് അതെന്താണ് സങ്കല്പവും അധ്യാവസായവുമാണ് അതിനെ ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി മറ്റേതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചാലും ശരി യോഗമായാലും ശരി ഭക്തിയായാലും ശരി അതല്ല എന്ന് പറയുന്നു ഇപ്പൊ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ വരുന്ന ദോഷങ്ങൾ ഇതൊക്കെയാണ് ശാസ്ത്രത്തെ വിറ്റിട്ട് വഴി സഞ്ചരിച്ചാലും ഇതേ ദോഷം വരും ഒരാൾ പറയുന്നു ഞാൻ ശാസ്ത്രമൊന്നും ശ്രമിക്കുന്നില്ല വായിക്കുന്നില്ല പഠിക്കുന്നില്ല ഒരു കാര്യവുമില്ല കാരണം അവന്റെ മനസ്സ് സങ്കല്പ ശാസ്ത്രത്തെ ആശ്രയിക്കാതെ തന്നെ അവൻ അവന്റേതായ സങ്കല്പങ്ങളിലായിരിക്കും അവിടെയും ഫലം അവന്റെ കൽപ്പനകളിലും ഭാവനകളിലും അത് തികച്ചും അശാസ്ത്രീയമായിരിക്കും പ്രാകൃതമായിരിക്കും ആ ലോകത്തിലായിരിക്കും അവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ അവൻ ഒരുപാട് അബദ്ധങ്ങൾ സുബദ്ധമായി ധരിക്കും ഒരുപാട് അസംബന്ധങ്ങളെ കേമമാണെന്ന് ധരിക്കും ഇതിനൊന്നും ആശ്രയിക്കാതിരിക്കുമ്പം മനസ്സ് നിരങ്കുശമാവും അപ്പോൾ അതിങ്ങനെ സങ്കല്പ ലോകത്ത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ശാസ്ത്രത്തെ നിങ്ങൾ ത്യജിച്ചെന്ന് വിചാരിച്ചും ഗുണമൊന്നും മനസ്സ് മനസ്സിന്റേതായ ശാസ്ത്രത്തേത ഉണ്ടാക്കിക്കോളൂ അവിടെയിട്ടതിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കും അതിനും കാര്യമില്ല അതിനപേക്ഷിച്ച് മഹാത്മാക്കളുടെ ഉപദേശത്തെ സ്വീകരിക്കാതെ മനസ്സിങ്ങനെ ഉഴുന്നു നടക്കുന്നതിനും നല്ലത് ശാസ്ത്രത്തെ സ്വീകരിക്കുന്നതിന് പക്ഷെ അവിടെയും മനസ്സ് വീണ്ടും ശാഖാചക്രമണത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം മനസ്സ് ഏകാഗ്രവും അന്തർമുഖവുമാകുന്ന അത് തനിക്ക് യോജിച്ച ഒരു രീതിയിൽ എത്തിച്ചേരും അതിനുവേണ്ടിട്ട് ഇവിടെ ഗുരു പറയുകയാണെന്താണ് നിങ്ങളുടെ സങ്കല്പങ്ങളും അധ്യാപസായങ്ങളും നിങ്ങളുടെ മനസ്സിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മാവിനെ സംബന്ധിച്ചോ അനാത്മാവിനെ സംബന്ധിച്ച് എന്തുകൊണ്ടോ ആയിക്കോ എന്നെ സംബന്ധിച്ചോ ആയിക്കൊള്ളട്ടെ അതിന് കാര്യമില്ല എന്തുകൊണ്ട് എന്നാ സങ്കല്പതി അധ്യവസ്യതി ആത്മാവിനെ സങ്കല്പിക്കാനോ നിശ്ചയിക്കാനോ ഒന്നും സാധ്യമില്ല ഇതാണ് ആത്മാവെന്നോ അല്ലെങ്കിൽ ഞാനാണ് ആത്മാവെന്നോ ഇങ്ങനെയെന്ന് സങ്കല്പിക്കുന്നത് അവസാനമല്ല എന്തുകൊണ്ട് ആത്മത്വ ആ മനസ്സിനും ആത്മാവായിരിക്കുന്നതാണ് അപ്പോൾ അവൻ ഇത് മനസ്സിലൂടെ ഇതിനെ ധരിച്ചു കളയാം എന്നുള്ള അവന്റെ ആ പാശ്ശ്രമം അവൻ അവസാനിപ്പിക്കുന്നു ബുദ്ധിയുണ്ട് ഗ്രഹിക്കാം എന്നുള്ള ആ വാശി അവൻ ഉപേക്ഷിക്കുന്നു എന്ന് വിചാരിച്ചു മനസ്സ് വ്യർത്ഥമാണെന്നല്ല പറയുന്നത് ഇതിന് മനസ്സെന്നുള്ളൊരു ഉപായം മാത്രമേ ഉള്ളൂ ജീവഭാവം മനസ്സിലൂടെയാണ് ഈ പറയുന്ന ബ്രഹ്മത്തിന് കൈവന്നത് ആ ജീവഭാവത്തിൽ നിന്നുള്ള മുക്തി മനസ്സിലൂടെ സാധ്യമാവും മനസ്സ് വ്യർത്ഥമെന്നല്ല പറയുന്നു മനസ്സിന് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി വ്യർത്ഥമാണെന്നുള്ളത് മനസ്സിനെ അന്തർമുഖമാക്കുന്നതിന് പോലെ നിങ്ങൾ ബേർമുഖമാകുന്നു അത് ശാസ്ത്രത്തിന്റെ മാധ്യമത്തിലായാലും ശരി കേവലം നിങ്ങളുടെ സങ്കല്പങ്ങളിലൂടെ ആയാലും ശരി മനസ്സ് ബേർമുഖമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അഭ്യാസങ്ങളിലൂടെ യോഗമോ ത്യാഗമോ ഭക്തിയോ എന്തായാലും ശരി നിങ്ങളുടെ അഭ്യാസങ്ങളിലൂടെയെല്ലാം നിങ്ങൾ ബേർമുഖമാക്കുന്നു മനസ്സിന് അതുകൊണ്ട് സാധ്യമല്ല മറിച്ച് എന്താണ് അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടണം എന്തിന്റെ മനസ്സിൽ അത് മനസ്സിന് ബോധ്യപ്പെടണം മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നതോ മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നതോ അല്ല പിന്നെ ഇതിന്റെ പ്രയോജനം ഇതിന്റെ പ്രയോജനം ഇതല്ല എന്ന് ബോധിക്കുന്നു അതേ മനസ്സിന് ചെയ്യാൻ പറ്റും തത്തുമസിന്നും അഹംബ്രഹ്മാസമി എന്നെല്ലാം പറയുന്നത് അതിനൊരു പ്രയോജനമുണ്ട് മനസ്സിന് പ്രയോജനമുണ്ട് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണോ അധ്യാരോപ നിവൃത്തി അധ്യാസ നിവൃത്തി അജ്ഞാന നാശം അങ്ങനെയൊരു പ്രയോജനമുണ്ടത് ഒരു നിഷേധാത്മകമായ പ്രയോജനമാണത് ഒന്നിനെ അത് വെളിപ്പെടുത്തുകയല്ല ആത്മാവിനെ വെളിപ്പെടുത്തുകയല്ല അതിനാണ് ഉദാഹരണം നേരത്തെ പറഞ്ഞാൽ പ്രകാശത്തിന് ഒന്നേ ചെയ്യാൻ പറ്റും അന്ധകാരത്തെ നിർദ്ധിപ്പിക്കുക പ്രകാശത്തിനൊരിക്കലും പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല ഇരുട്ടിനെ മാറ്റം പിന്നെ എന്ത് സംഭവിക്കുന്നു കണ്ണു പ്രകാശത്തെ പ്രകാശിപ്പിക്കും പ്രകാശങ്ങളുടെ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്നു പ്രകാശം ഇരുട്ടിനെ മാറ്റിയിട്ട് പ്രകാശം കാത്തിരുന്നാലും അന്ധനാണെങ്കിൽ പ്രകാശം പ്രകാശിക്കത്തില്ല പ്രകാശവും തന്നെ ഇട്ട് തന്നെ എന്ത് വേണം അവിടെ കണ്ണു വരണം അതുപോലെ മനസ്സിനെന്ത് ചെയ്യാൻ പറ്റും ഈ അന്ധകാരത്തെ നിവർത്തിപ്പിക്കാൻ പറ്റും എന്നെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല പിന്നെ ശേഷിക്കുന്നതേതോ അത് എന്നെ പറയാൻ പറ്റും അതാണ് തത്വമ ബ്രഹ്മാസ്മി എല്ലാം അവിടത്തേക്കാണ് ഇവിടെ ആചാര്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അല്ലാതെ വൃദ്ധാശ്രമങ്ങൾ ഇതിനെ പ്രകാശിപ്പിക്കാം ഇതിനെ അറിയാം ഇതിനെ കണ്ടെത്താം എന്ന തരത്തിലുള്ള വൃദ്ധാശ്രമങ്ങൾക്ക് കാര്യമില്ല എന്നാൽ ശ്രമങ്ങൾ വൃദ്ധ അകത്ത എന്തുകൊണ്ട് ആ ശ്രമങ്ങൾ ഇതിന്റെ നിരാകരണത്തിന് വേണ്ടിയിട്ടാണ് അജ്ഞാന നിരാകരണത്തിന് വേണ്ടിയിട്ടാണ് ആത്മാവിന്റെ പ്രകാശനത്തിന് വേണ്ടിയല്ല അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം ഇന്ദ്രിയ മനോഭ്യാംഹി വസ്തുനോ വിജ്ഞാനം ഇന്ദ്രിയ മനസ്സുകളിലൂടെയാണ് വസ്തുക്കളുടെ വിജ്ഞാനം ഇന്ദ്രിയ മനസ്സുകളിൽ ആത്മപ്രകാശമുള്ളതുകൊണ്ട് ആ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കും വസ്തുവിന്റെ വിജ്ഞാനം ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചഭാനം അത് ആത്മപ്രകാശത്തിലാണ് സംഭവിക്കുന്നത് വിമഹ ഇന്ദ്രിയത്തിനും മനസ്സിനും ഒന്നും ഇത് വിഷയമല്ല സ്വസ്വരൂപം അതിനൂടെ ആചാര്യൻ തന്നെ പറയുന്നു ആചാര്യനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് ജ്ഞാനിയാണോ ആചാര്യൻ പറയുന്നെന്താണ് എന്ന വിത്മഹ ഞാൻ എനിക്കിതിന്റെ ജ്ഞാനമില്ല എന്നാ എന്നാ വിത്മഹ ഞാൻ അറിയുന്നില്ലെന്നാ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ധരിക്കുന്നത് പോലെ ഞാൻ ആത്മാവിനെ അറിയുന്നില്ല ആത്മാനുഭൂതി എന്ന് പറയുന്നത് നിങ്ങൾ ധരിക്കുന്നത് പോലെയല്ല നിങ്ങളതിനെക്കുറിച്ച് ധരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും അന്ധൻ പ്രകാശത്തെ ധരിക്കുന്നത് അന്ധൻ പ്രകാശത്തെ എങ്ങനെ ധരിക്കും സൂര്യനെ ഗ്രഹിക്കുന്നത് പോലെയാണ് സൂര്യനെക്കുറിച്ച് പലതും പറയാം പക്ഷെ അതല്ല അതുപോലല്ല കാഴ്ച അങ്ങനെയല്ല അന്ന് പറയുന്നു ന വിത്മഹ നിനക്ക് മനസ്സിലാകാമെന്നുള്ള ഭാഷ പറയുകയാണെങ്കിൽ ഞാൻ അറിയുന്നില്ല എന്റെ ഭാഷ അതെനിക്ക് മാത്രമുള്ളതാണ് നിനക്കൊട്ടും പിടികിട്ടത്തുമില്ല അതാണ് ഈ പറയുന്നതിന്റെ താത്പര്യം ന വിത്മഹ തദ്ശം വർണ്ണിക്കാൻ കഴിയില്ല ഇപ്രകാരമാണെന്ന് പറയാൻ വയ്യ ശാസ്ത്രം മുഴുവൻ അതിനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്ന ഇന്ന പ്രകാരത്തിലാണെന്ന് പറയുന്നു അതിനെല്ലാം ഒറ്റ പ്രയോജനമേ ഉള്ളൂ ഇതിനെ വെളിപ്പെടുത്തുകയല്ല മറിച്ച് ഇതിൻ്റെ ധാരണകൾ എന്തൊക്കെയാണോ അതിനെ നിരാകരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആചാര്യൻ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നത് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളു ശിഷ്യന്റെ ഇരട്ടിനെ മാറ്റുക വെളിച്ചം പ്രകാശിക്കുന്നതിന് ഒറ്റ താല്പര്യമുള്ള എന്താണ് ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റം ആ വെളിച്ചത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ അത് അതിന് കഴിയില്ല വെളിച്ചത്തിന് കഴിയില്ല വെളിച്ചം ചടമാണ് അതിനങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റും അതിനൊരു കണ്ണ് വേണം അതോ അതിന്റെ പുറകെ പോയാൽ മനസ്സ് അതിന്റെ പുറകെ പോയാൽ സ്വയം പ്രകാശം ആ സ്വയം പ്രകാശത്തിൽ മനസ്സും കണ്ണും വെളിച്ചവും ഈരളതെല്ലാം പ്രകാശിക്കുന്നു അതുപോലെ ആ സ്വയം പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു അതിനപ്പുറം തദ്ദൃശ്യം ആ ബ്രഹ്മ ഇപ്രകാരമാണോ എന്നൊന്നും പറഞ്ഞു തരാൻ കഴിയത്തില്ല അവന് ഈ വർണ്ണനകൾ എല്ലാം നിരാകരിക്കാൻ വേണ്ടി മാത്രം ഇപ്പൊ ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്നത് വാക്കിനും മനസ്സിനും അപ്പുറം അത് അറിയില്ല വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അറിയുന്നവന്റെ ഭാഷ പറയുകയാണ് അറിയുന്നവനൊരു ഭാഷയുള്ളൊ എല്ലാത്തിനെയും അറിഞ്ഞ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവന്റെ ഭാഷ എന്താണ് അറിവിന്റെയും അറിവില്ലായ്മയുടെയും ഭാഷയാണ് രണ്ടുമുണ്ട് അവൻ അറിവിൽ മാത്രമല്ല അറിവില് നിൽക്കുന്നു അറിവില്ലായ്മയിൽ നിൽക്കുന്നു അപ്പം അവന്റേതായ ഒരു ഭാഷയുണ്ടെന്ന് വെച്ചാൽ അവന് മനസ്സിലാകുന്ന ഭാഷ ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും ഇതെനിക്ക് അറിയില്ല എന്നേ പറയാൻ പറ്റും എന്നേ പറയാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും അവനും അറിയാൻ ശ്രമിക്കും അവന്റെ ബുദ്ധിക്കും മനസ്സിനും ഇതിനെ വിഷയമാക്കാൻ ശ്രമിക്കും അതങ്ങനെയല്ല അതാനീമേന പ്രകാരേന ഉപദിശിഷ്യായ അതുകൊണ്ട് പറയുന്നു എനിക്ക് അറിയില്ല എന്ന് മാത്രമല്ല എന്ന വിജാനീമഹ എന്തറിയില്ല ഏനപ്രകാരേണ യഥാ ഏത് ബ്രഹ്മ അനുശേഷ ഈ ബ്രഹ്മ തത്വത്തെ എങ്ങനെ ഉപദേശിക്കണമെന്നും എനിക്കറിയില്ല ഉപദേശിക്കണമെന്നറിയില്ലെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ പറച്ചിലൂടെ നിനക്ക് ബോധ്യപ്പെടുത്താത്ത രീതിയിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എന്തുകൊണ്ടറിയാത്തത് അങ്ങനെ ബോധ്യപ്പെടുന്ന ഈ കാലദേശത്തിനും ഉൾപ്പെട്ടിരിക്കുന്ന സർവ്വ വസ്തുക്കളെ എനിക്ക് വർണ്ണിച്ച് ബോധ്യപ്പെടുത്താം കാരണം അതെല്ലാം എന്റെ ബുദ്ധി ഗ്രഹിക്കുന്നതുപോലെ തന്നെ നിന്റെ ബുദ്ധിയും ഗ്രഹിക്കുന്നതാണ് ഇത് എന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ തോന്നിന് എങ്ങനെ നിന്റെ ബുദ്ധി ഗ്രഹിക്കും സാധ്യമല്ല എന്നറും ഏത് ബ്രഹ്മനു ശിക്ഷ ശിഷ്യായ ശിഷ്യൻ ഇതിനെങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അത് സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല എന്നത് ശിഷ്യൻ അതാണല്ലോ ചോദിക്കുന്നത് മനസ്സിന്റെ മനസ്സെന്താണ് മനസ്സിനെന്താണ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പൊ ഈ ബ്രഹ്മജ്ഞാനം ആ ചോദ്യത്തിന്റെ മറുപടിയായി തന്നിലുണ്ടാകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒരു ചോദ്യത്തിന്റെയും മറുപടിയായി ഇതുണ്ടാകുന്നു എന്നല്ല ചോദ്യം എങ്ങനെയാണോ ആപേക്ഷികമായിരിക്കുന്നത് അതുപോലെ മറുപടിയോ ആപേക്ഷികമാണ് നിരപേക്ഷമായൊരു തത്വമാണ് അതിനെ വാക്കും മനസ്സും കൊണ്ട് ചോദ്യോത്തരൂപത്തിടുന്നു ഇത് വെളിപ്പെടുത്താൻ സാധ്യമല്ല ഇനി എന്തിനു ഈ ചോദ്യോത്തരം എന്തിനൂടെ ഗുരുപദേശിക്കുന്നു എന്തിന് ശിഷ്യൻ ചോദിക്കുന്നു അതിന് സമാനം പറഞ്ഞു എന്താണോ അതൊരു നിരാകരണം സംഭവിക്കുന്നു അന്ധകാരം മാറുന്നു പ്രകാശം വെളിപ്പെടുന്നില്ല പ്രകാശം വെളിപ്പെടുന്ന ഒന്നല്ല അത് സ്വയം പ്രകാശമാണ് വെളിപ്പെടേണ്ട ആവശ്യം ഒളിഞ്ഞിരിക്കുന്നതിന് വെളിപ്പെടേണ്ട ആവശ്യവും ഒരിക്കലും ഒളിയാത്തൊന്ന് എങ്ങനെ വെളിപ്പെടും ഇപ്പൊ സത്സംഗത്തിന്റെ പ്രയോജനം എന്താണോ ആത്മാവിനെ വെളിപ്പെടുത്തിയാൽ ആത്മാവിനെ തിരസ്കരിക്കുകയാണ് അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അതുകൊണ്ടിതിനെങ്ങനെ വെളിപ്പെടുത്താം കാരണം ഇതങ്ങനെ എനിക്ക് വെളിപ്പെട്ടതല്ലെന്ന നബിത് മഹ നീ ധരിക്കുന്നത് പോലെ ഇതെനിക്ക് വെളിപ്പെട്ടതല്ല വിശിഷിക്കുന്ന ഒരുപാട് വെളിപാടുകളുണ്ട് എന്താണ് ഈ ലോകത്തെ കുറിച്ചുള്ള വെളിപാടുകളാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വെളിപാടുകളാണ് അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപാടുകളാണ് അതുപോലെ എന്തോ ഒരു വെളിപാട് ഗുരുവിനുണ്ടായി എന്നാണ് ധരിക്കുന്നത് പറയുന്നു അങ്ങനെയൊന്നും എന്നിന് സംഭവിച്ചിട്ടില്ല എന്തിനാണോ നീ നിരാകരിക്കാൻ ആഗ്രഹിക്കുന്നത് അതെന്നെ നിരാകരിക്കപ്പെട്ട് കഴിഞ്ഞു അത്രമാത്രം പിന്നീട് എന്താ ശേഷിക്കുന്നത് അതിനെ വെളിപ്പെടുത്താൻ ഒന്നുമില്ല കരണങ്ങളില്ല മനസ്സില്ല ഒന്നും അതിനെ വെളിപ്പെടുത്താനില്ല അത്രമാത്രം നിന്റെ ബുദ്ധിയിൽ നിന്ന് മനസ്സിലാവുക അത്രമാത്രമേ നിന്റെ ബുദ്ധിയിൽ മനസ്സിലാക്കി തരാനും സാധ്യമുണ്ട് അതിനപ്പുറം ശിഷ്യായ ശിഷ്യനുവേണ്ടി ഉപദേശിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്നാണ് ഗുരുവിന്റെ ആത്മബോധത്തിനോ ഗുരുവിന്റെ ആത്മനിഷ്ഠയ്ക്കോ ശിഷ്യന്റെ അംഗീകാരം ആവശ്യമില്ലാന്ന് അർത്ഥം നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് ഗുരുക്കന്മാർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുകയാണ് കൊള്ളാൻ തിരക്കേടില്ല ആത്മജ്ഞാനിയാണ് വിവരമുള്ളവനാണ് ബോധമുള്ളവനാണ് ശിഷ്യന്റെ അംഗീകാരമാണ് അത് കൊടുക്കത് ഗുരുവിനെ പൂർണ്ണനാക്കയാണ് കൊള്ളാൻ തിരക്കേടില്ല അത് ആവശ്യമില്ലാത്ത ആളാണ് ഗുരു അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയണെന്താണ് ഗുരുവിന് ഇതെന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഗുരു ഗുരുവല്ല എന്നാണ് നമ്മൾ പറയുന്നത് പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഗുരുവിനോട് ചെന്ന് ചോദ്യം ചോദിച്ച് ഗുരു ശരിയായ സമാധാനം പറഞ്ഞു അവന് ഇതങ്ങനെ ഗുരുവാകും ഗുരുവിനങ്ങനെ ഒരു അംഗീകാരത്തിന്റെ ആവശ്യമില്ല മിനുസൈ സംബന്ധിക്കുന്നെന്താണിത് നിന്നോട് വെളിപ്പെടുത്താൻ സാധ്യമല്ല അതാണ് പറയുന്നതിൻ്റെ തക്കല്യ ധീകരണ ഗോചരം തദ്സ്മൈ ഉപദേഷ്ടം ജാതി ഗുണക്രിയാശേഷണി എങ്ങനെയാണ് ഈ അറിവിന്റെ കൊടുക്കലും വാങ്ങലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അത് പറയുകയാണ് ശിഷ്യൻ ഗുരുവിനായാലും ഗുരു ശിഷ്യനായാലും ശിഷ്യന്മാർ പരസ്പരം ആയാലും അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയിരിക്കുകയാണ് അതിന്റെ തലം വേറെന്നാണ് സ്വരൂപനിഷ്ഠ അതിൻ്റെ ഒരു തലമല്ല ഇന്ന ഗുരു ഉപദേശിച്ചപ്പോൾ അത് വ്യക്തമായി മറ്റൊരു ഗുരു ഉപദേശിച്ചപ്പോൾ അതിൽ കൂടുതൽ വ്യക്തമായി എന്ന് പറയുന്നതിന് കാര്യമില്ല എന്തുകൊണ്ട് ഇത് കർണഗോചരം കർണങ്ങൾക്ക് വിഷയമായിരിക്കുന്നു മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം വിഷയമായിരിക്കുന്നു എന്താണ് ഈ പ്രപഞ്ചം ഈ ശരീരവും മനസ്സും കരണങ്ങളും ഉൾപ്പെട്ട ഈ പ്രപഞ്ചം അതാണ് കരണഗോചരമായിരിക്കുന്നത് മനസ്സ് മനസ്സിനെ അറിയുന്നു മനസ്സിന്ദ്രിയങ്ങളെ അറിയുന്നു ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ അറിയുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ട് ചൂട് തുകേന്ദ്രിയ ബോധിപ്പിക്കും ഞാൻ ചൂടാണ് സൗന്ദ്രിയം അറിയും ഇത് ചൂടാണ് രൂപം കണ്ണിനെ ബോധിപ്പിക്കും ഞാനിത് രൂപമാണ് രസം നാക്കിനെ ബോധിപ്പിക്കും ഞാൻ ഇന്ന രസമാണ് അപ്പോൾ വിഷയത്തിനും ആ ശക്തിയുണ്ട് ബോധിപ്പിക്കാൻ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങൾക്കും ആ ബോധിക്കാൻ ഇതിങ്ങനെ പരസ്പരം പ്രവർത്തനം പ്രതിപ്രവർത്തനം സംവേദനം പ്രതിസംവേദനം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയ്ക്ക് എല്ലാ ഇഫക്തി ഉണ്ട് അതൊരു കൂട്ടായ്മയിലൂടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെന്നെ എവിടെ സംഭവിക്കുന്നു കരണഗോചരം കർണ വിഷയമായിരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് സാധനം ധരിച്ചിരിക്കുന്ന എന്താണോ കണ്ണ് ൂപത്തെ ഗ്രഹിക്കുന്നു രസന രസത്തെ ഗ്രഹിക്കുന്നു തിരിച്ച് സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മളത് ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് രസം രസനയെ ഗ്രഹിക്കുന്നു രൂപം കണ്ണിനെ ഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കണ്ണി രണ്ടും ഒന്നാണ് രസത്തന്മാത്ര തന്നെയാണ് ബാഹ്യമായ രസമായും ആന്തരിയമായി രസനേന്ദ്രിയും മാറിയത് രൂപ തന്മാത്രയാണ് ബാഹ്യമായി രൂപമായും ഉള്ളിൽ ചക്ഷേന്ദ്രിയും മാറിയത് അതുകൊണ്ടിത് പരസ്പരം ഗ്രഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർണഗോചരമെന്ന് പറയുന്നത് ഈ തലത്തിൽ സദാ ആശയവിനിമയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തലത്തിൽ ഇവ കൂടിച്ചേർന്ന് കർണങ്ങളും വിഷയങ്ങളും കൂടിച്ചേർന്ന് വിഷയഗ്രഹണം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ പ്രപഞ്ചഭാനം പ്രപഞ്ചബോധം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ കാര്യങ്ങളെ തത് അന്യസ്മയ ഉപദേഷ്ടിച്ചു നമ്മളീ പറയുന്നതെല്ലാം ആത്മാവിനെ കുറിച്ചുള്ള ഈ പ്രസംഗമെല്ലാം ആത്മാവിനെ സംബന്ധിച്ചല്ല പറയുന്നത് കരുണഗോചരമായ ഈ വിഷയങ്ങളെ സംബന്ധിച്ചാണ് നടക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ച് ഒന്നും നടക്കുന്നില്ല ഈ തന്മാത്രകൾ സ്ഥൂലഭാവത്തെ പ്രാപിച്ചിട്ട് പരസ്പരം വ്യവഹരിക്കുന്നതാണത് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് അതാണ് തദ്സ്മയ ഉപദേഷ്ടും സഖ്യം എങ്ങനെ ജാതിഗുണക്രിയാവിശേഷ നമ്മളോരോന്നിനും മനസ്സിലാക്കുന്നു ജാതി കൊണ്ടെന്ന് വെച്ചാൽ ഇനം കൊണ്ട് മനസ്സിലാക്കുന്നു ഇത് മനുഷ്യനാണ് ഇത് മൃഗമാണ് ഓരോ ജാതിയിലൂടെയും മനസ്സിലാക്കുന്നുണ്ട് ഇത് വൃക്ഷമാണോ ഇത് ചരമാണ് ഇത് അചരമാണ് സ്ഥാപനമാണ് ജംഗമമാണ് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ജാതികളിലൂടെ മനസ്സിലാക്കും അതുപോലെ ഗുണങ്ങളിലൂടെ ഇത് ചൂടുള്ളതാണോ ഇത് തണുപ്പുള്ളതാണോ ഇത് രസമുള്ളതാണോ രസമില്ലാത്തതാണ് ഗുണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ക്രിയയിലൂടെ ഓരോന്നിനെയും തിരിച്ചറിയുന്നു ഓരോന്നിനും കർമ്മത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു വീശുന്നത് വായു ആണോ പെയ്യുന്നത് മഴയാണോ എന്ന് തുടങ്ങി പ്രപഞ്ചത്തിൽ തുടങ്ങി ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ ഓരോരുത്തരെയും നമ്മൾ തിരിച്ചറിയുന്നു അപ്പോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മൾ തിരിച്ചറിയുന്നത് ജാതി ഗുണക്രിയകളിലൂടെയാണ് ഓരോന്നിന്റെയും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ അതിനെ നമ്മൾ തിരിച്ചറിയുന്നു കാറ്റിനെ കാറ്റായും മഴ മഴയായും തിരിച്ചറിയുന്നു എല്ലാം ചേർന്നാണ് തിരിച്ചറിയുന്നത് രാമനെയും കൃഷ്ണനും എല്ലാം തിരിച്ചറിയുന്നു ഇതെല്ലാം എന്താണ് ഇതിനെ പറയും കർണഗോചരം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തന മേഖല അപ്പം നമ്മളീ ചർച്ചകളിലൂടെ സസംഗങ്ങളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന ഇതിനെയൊക്കെയാണ് ആത്മാവിനെയല്ല ആത്മാവിനെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോൾ ഈ സ്ഥൂലമായിരിക്കുന്ന ജാതിഗുണക്രിയകളെയെല്ലാം വിട്ടിട്ട് നമ്മുടെ മനസ്സ് കുറച്ചുകൂടി സൂക്ഷ്മമായി ആന്തരികമായി മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ ഇന്ത്രങ്ങളെത്തിച്ചേര് അത്രേ ഉള്ളൂ അവിടെയും ഗ്രഹിക്കുന്ന പ്രപഞ്ചത്തെ തന്നെ ആത്മാവിനെ അല്ല മനസ്സ് പ്രപഞ്ചമാണ് മനസ്സിലൂടെ ഗ്രഹിക്കുന്നതും പ്രപഞ്ചമാണ് ആത്മാവിനെവിടെയൊന്നും ഗ്രഹിക്കുന്നില്ല ആത്മാവിനെ ഗ്രഹിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു അതിൻ്റെ പരവുമായ താല്പര്യം എന്താണ് ഭ്രമത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഭ്രമം നീ ഗ്രഹിക്കുന്നതൊന്നും ആത്മാവല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ധരിക്കും എന്താണ് ഞാൻ ധരിച്ചതാണ് ആത്മാവെന്ന് ധരിക്കും എൻ്റെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഞാൻ ഉൾക്കൊണ്ടതാണ് ആത്മാവെന്ന് ധരിക്കും അങ്ങനെയല്ല അത് കേവലം അധ്യാരൂപമാണ് അതിനെ നിഷേധിക്കണം അതിനെ അപവദിക്കണം അതുകൂടി അവവദിച്ചു കഴിഞ്ഞാൽ ാത്മനിഷ്ഠനാകാൻ പറ്റും ഗുരുവിന്റെ നിഷ്ഠ അങ്ങനെ ഒന്നുണ്ട് ആത്മനിഷ്ഠ എന്ന് പറയുന്ന ഒന്നും ഉണ്ട് അത് സർവവികല്പങ്ങളെയും നിരാകരിച്ചിട്ട് ശേഷിക്കുന്ന ആ നിരാകരണത്തിൽ അവശേഷിക്കുന്നവർ അവിടെ ശിഷ്യൻ എത്തിച്ചേർത്തു അതിനു വേണ്ടിയിട്ടാണ് ഗുരു ഉപദേശിക്കുന്നത് അല്ലാതെ കേവലം ഭാവനകളിലും സങ്കല്പങ്ങളിലും നിൽക്കാൻ പാടില്ല അതൊക്കെ നല്ലതാണ് പറഞ്ഞില്ല സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകുന്നതിനെല്ലാ ഭാവനകളും സദ്ഭാവനകളെല്ലാം നല്ലതാണ് പക്ഷെ അത് അവസാനമല്ല അവസാനം ഇതിന്റെ എല്ലാം നിരാകരണത്തിലാണ് അതാണ് ആത്മനിഷ്ഠ അവിടെയാണ് ആത്മലാഭം അതിനുവേണ്ടി പറയും യുദ്ധി കർണഗോചരം കർണഗോചരമായിരിക്കുന്നതിന് അത് തതന്യസ്മി ഉപദേഷ്ടം അത് ഉപദേശിക്കാൻ പറ്റും അതിന് ജാതിഗുണക്രിയാവിശേഷങ്ങളിലൂടെ ഒരുപാടതിനെ പെരുപ്പിച്ച് വർണ്ണിച്ച് മനസ്സിലാക്കാൻ ഇന്നത് ഇന്നതൊക്കെയാണ് ആത്മാവിനെ സംബന്ധിച്ചത് സാധ്യമല്ല നദ്ജാത്യാദിവിശേഷണവ ബ്രഹ്മ തദ് അതിങ്ങനെയുള്ള ജാതിഗുണക്രിയകളൊന്നും ഉള്ളതല്ല ഇത്രയും നിസ്തൃതമായ ഭാഷ എഴുതുന്നയാളും ഒരു തലത്തിൽ നിഷ്പ്രയോജനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് അല്ലാതെ ശാസ്ത്രം നിഷ്പ്രയോജനമാണെന്നും ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നയാൾ അറിയാതെയല്ല വ്യാഖ്യാനിച്ചത് അവർക്കറിയാം എന്താണോ മൂർഖന് നിഷ്പ്രയോജനമാണ് ഒരു ഉയരും ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാണ് അതുപോലെ പരമാർശത്തെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ് രണ്ടു തരത്തിലും ഇത് നിഷ്പ്രയോജനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് തസ്മാ ഉപദേശം അതുകൊണ്ട് ദുർഘടമാണ് അസംഭവമാണ് എന്താണ് ശിഷ്യന് ഉപദേശന പ്രത്യായത് ഉപദേശത്തിലൂടെ ബോധ്യപ്പെടുത്തുക അത് വിഷമമാണ് അതിൽ അസാധ്യമാണെന്ന് ഒരു ശിഷ്യനെയും ഒരു ഗുരുവും ഉപദേശത്തിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമായും പറഞ്ഞിരിക്കാണ് വിഷമം ശിഷ്യാൻ ഉപദേശത്തിന് പ്രത്യായിതും പ്രത്യായനം എന്നു പറഞ്ഞാൽ ബോധ്യപ്പെടുത്തൽ ബോധ്യപ്പെടുത്തുക ഒരു ഉപദേശത്തിലൂടെ അത് സാധ്യമല്ല ഒത്തിരി പേര് ഉറങ്ങുന്നുണ്ടല്ലോ ഗുരു ബോധ്യപ്പെടുത്തും അവസാനം എന്നുള്ള ധൈര്യത്തിൽ ഒരു ഗുരുവും ബോധ്യപ്പെടുത്തൽ എല്ലാ ആചാര്യന്മാരുടെയും ആചാര്യനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് വിഷമം ശിഷ്യാൻ ഉപദേശത്തിന് പ്രത്യതും ശിഷ്യന്മാരെ ഉപദേശത്തിലൂടെ ബോധ്യപ്പെടുത്തുക സാധ്യമല്ല ബോധ്യപ്പെടുത്തില്ല വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് ഉപദേശം നിഷ്പ്രയോജനമാണെന്ന് ധരിക്കേണ്ട ഉപദേശങ്ങളിലെല്ലാം ഫലവത്താണ് പ്രയോജനമുള്ളതാണ് പക്ഷെ നമ്മൾ ധരിക്കുന്ന തരത്തിലല്ല അത് പ്രയോജനപ്പെടുന്നത് അതാണ് ഇവിടെ മാറ്റാൻ ശ്രമിക്കുന്നത് ഉപദേശം വ്യത്ഥമാണ് ശാസ്ത്രം വ്യത്ഥമാണെന്നല്ല തത്വമസി വ്യത്ഥമാണെന്നല്ല പറയുന്നത് അതിൻ്റെ സാർത്ഥകത എങ്ങനെയാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അത് ശരിയല്ലെന്നാണ് അല്ലെങ്കിൽ ഗുരുവിനെ സംബന്ധിച്ചും ഗുരുവിന്റെ ഉപദേശത്തെ സംബന്ധിച്ചും നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങൾ അജ്ഞന്റെ സങ്കല്പങ്ങൾ അതൊന്നും പരമാർത്ഥമാണ് തന്നെ സംബന്ധിച്ചത് പരമാർത്ഥമാണെന്ന് കരുതുന്നു ഞാൻ ധരിക്കുന്നതാണ് ഗുരുവെന്ന് കരുതുന്നു അതല്ല അതിന്റെ സാർത്ഥകത എന്താണ് ഉപദേശിയെ തദാർത്ഥ ഗ്രഹീച്ച യത്ന അതിശയ കർത്തവ്യതാം യത്നം ആവശ്യമാണ് യത്നം എന്ന് പറഞ്ഞാൽ പോരാ യത്ന അതിശയം അതിശയകരമായ യത്നം അധികമായ അതിശയം എന്ന് വെച്ചാൽ അധികമായ എന്നുള്ള അർത്ഥം അതിശയം എന്ന് പറയുന്നതിന് അത്ഭുതം എന്നുള്ള അർത്ഥം പറയും ആ അർത്ഥം എടുക്കുന്നോണ്ട് ദോഷമൊന്നുമില്ല അത്ഭുതകരമായ യത്നം എന്ന് വേണമെങ്കിലും പറഞ്ഞോളൂ കുഴപ്പമില്ല ആധിക്കം അത്ഭുതമുണ്ട് അപ്പോ ആ അത്തരത്തിലുള്ള ആ യത്നം ആവശ്യമാണ് അതിശയകരമായ യത്നം ആവശ്യമാണ് അധികമായ യത്നം ആവശ്യമാണ് അസാമാന്യമായ യത്നം ഇതിൽ ആവശ്യമാണെന്നർത്ഥം ഉപദേശിച്ച് തത് അർത്ഥ ഗ്രഹിച്ചു ഉപദേശത്തിനും അത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ഒരു മനുഷ്യത്തിന് ഭാഷ്യം എഴുതി വീണ്ടും എഴുതി വീണ്ടും എഴുതി അവിടെ എന്താണ് ഉപദേശത്തിൽ അതിശയകരമായ അധികമായി അത് അത്ഭുതമാണല്ലോ അത്ഭുതകരമായ അതിശയത്തിന് അത്ഭുതം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില മുറി മലയാളം വിദ്ധാന്മാർക്ക് പഠിക്കത്തില്ല ൊരർത്ഥമില്ലെന്ന് പറയും അങ്ങനെയൊരർത്ഥവുമുണ്ട് ശിഷ്യനും എന്താണ് ആവർത്തിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സപ്രയോജനതയും നിഷ്പ്രയോജനതയും രണ്ടും മനസ്സിലായിക്കോണ്ട് സഫലവത്വവും നിഷ്ഫലവത്വവും രണ്ടും മനസ്സിലായിട്ടുണ്ട് പരിശ്രമം രണ്ടു ഭാഗത്തും ആവശ്യമാണ് പറഞ്ഞല്ലോ ഉപദേശം കൊണ്ട് ശിഷ്യൻ നന്നാകത്തില്ല എന്ന് ബോധ്യപ്പെട്ടാലും ഗുരു ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു അനാദിയായി അടുത്ത് പറയും ഗുരുപരമ്പരയിലൂടെ ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എത്രമാത്രം നന്നാകും എത്രമാത്രം നന്നാകില്ല രണ്ടും ബോധ്യപ്പെട്ടിട്ടാണ് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഗുരുവിന്റെ ഭാഗത്ത് അത് ആവശ്യമാണ് ശിഷ്യനും മറ്റൊന്നും നിവർത്തി ശിശുവിന് സ്വയം ബോധ്യപ്പെടുന്നുണ്ട് എന്താണോ ഇതൊന്നും തന്നിൽ ഫലിക്കുന്നില്ല ഈ മരുന്നു കൊണ്ട് രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറെ വേറൊരു മരുന്ന് കൊടുക്കും രോഗി കഴിക്കാനത് ബാധ്യസ്ഥനാണ് വീണ്ടും മരുന്ന് മാറ്റിയാൽ അതും കഴിയും അതാണ് ഈ ഉപദേശ പാരമ്പര്യം ഉപദേശ പാരസ്പര്യം എന്ന് പറയുന്നു അത് പിന്നെ ഗുരുവുണ്ടോ ഗുരുത്തൊഴിൽ രഹിതനായിട്ട് ഗുരുവിനെന്ത് ചെയ്യും ഈ മൂർഖന്മാരായ ശിഷ്യന്മാരുണ്ടായാലേ ഗുരുവിനും നിലനിൽക്കും അപ്പൊ ശിഷ്യനും യത്നം ആവശ്യമാണ് അതാണ് യത്നാതിശയ കർത്തവ്യത അതിനെ ഇവിടെ ബോധിപ്പിക്കുക അതിനാണ് ഈ പ്രദേശം ശിഷ്യന്റെ ചോദ്യം ഈ രീതിയിൽ ഉപനിഷത്ത് ഈ തത്വത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശിഷ്യനും എത്തിച്ചുകൊണ്ടേയിരിക്കും അവനും ബോധ്യപ്പെടണം ഇതെവിടെയാണ് ബ്രദ്ധമാകുന്നത് ഇത് സാർത്ഥമാകുന്ന എവിടെയാണോ എന്നവൻ ബോധ്യപ്പെട്ടുകൊണ്ട് അവനെത്തിച്ചുകൊണ്ടേയിരിക്കും വിത്മ ഇത്യാദി ന എന്ന് പറഞ്ഞതിനു വേണ്ടിയിട്ടാണ് അത്യന്തേവേവദേശ്രത്യാഖ്യാപത്തെ തദ്പവാ സത്യം പ്രത്യക്ഷാഗമനം തഹ അടുത്ത മന്ത്രത്തിനുവേണ്ടി പറയുകയാണ് ഇതുവരെ പറഞ്ഞതെന്നും നമുക്ക് തോന്നും എന്താണോ ഇത് അസാധ്യമാണല്ലോ നമ്മൾ ധരിച്ചതല്ലോ ഇത് അത്യന്തമേവ ഉപദേശപ്രകാര പ്രത്യാഖ്യാനി ഉപദേശപ്രകാര പ്രത്യാഖ്യാനി പൂർണ്ണ നിഷേധം ഉപദേശം കൊണ്ട് സാധ്യമേ അല്ല അതല്ല ഇവിടെ ആചാര്യൻ നമ്മൾ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു ഉപദേശങ്ങൾ കൊണ്ടൊരു പ്രയോജനമില്ല ഗുരുക്കന്മാരെ കൊണ്ടൊരു പ്രയോജനമില്ല ശാസ്ത്രത്തെ കൊണ്ടൊരു പ്രയോജനമില്ല എന്ന് ഏകപക്ഷീയമായി തിരിച്ചടയരുത് അങ്ങനെയല്ല പറയുന്നത് അത്യന്ത പ്രത്യാഖ്യാന പൂർണ്ണമായി ഇതിനെയൊക്കെ നിഷേധിച്ച് നിഷേധിക്കുകയാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞുണ്ടോ ഇത് ത്മകമാണ് ഇതിലൊരു സാർത്ഥകതയും നിരർത്ഥകതയും ഉണ്ട് രണ്ടും മനസ്സിലാക്കണം രണ്ടും മനസ്സിലാക്കുന്നിടത്താണ് ഇവരും വിജയിക്കുന്നത് അത്യന്ത പ്രത്യാഖ്യാന സാധ്യമാണ് പൂർണ്ണമായും ശാസ്ത്രത്തെ നിഷേധിക്കുക പൂർണ്ണമായും ഗുരുവിനെ നിഷേധിക്കുക പൂർണ്ണമായും ഗുരുവിനെ നിഷേധിക്കുക ഉപദേശത്തെ നിഷേധിക്കാതല്ല അതുപോലെ പൂർണ്ണമായും ശിഷ്യനെ നിഷേധിക്കുക ശിഷ്യൻ അവൻ അജ്ഞനാണ് മൂർഖനാണെന്ന് പറഞ്ഞു അവന് പൂർണമായും തള്ളിക്കളയല്ലേ ഞാൻ അനർഹനാണ് അയോഗ്യനാണെന്ന് പറഞ്ഞു അവനെ മാറ്റുകയല്ല അവനുമുണ്ട് ഒരു സാർത്ഥകതയും നിരർത്ഥകതയും രണ്ടിനെയും യോജിപ്പിക്കുകയാണ് അതാണ് ഗുരു ശിഷ്യബന്ധം ഗുരുപൂർണൻ ശിഷ്യൻ അപൂർണൻ ഇവർക്ക് തമ്മിലെന്താ ഇടപാട് പൂർണനും അപൂർണനും തമ്മിൽ ഉണ്ട് എന്താണോ അവിടെയും ഒരു സാർത്ഥകതയുണ്ട് അവിടെയും ചില നിരർത്ഥകതകളുമുണ്ട് രണ്ടു തരത്തിൽ അപ്പം വേറെ തരത്തിൽ പറഞ്ഞാൽ ചെറുകിട്ട് ചോദിക്കും ഗുരു സർവബന്ധനങ്ങളിൽ നിന്നും മുക്തനായി അജ്ഞാനം നശിച്ചു പ്രപഞ്ചം മൂന്ന് കാലത്തിലും ഇല്ലാത്തതാണെന്ന് ബോധ്യപ്പെട്ടു ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന നിലയിലായി അവിടെ ദ്വൈതമേയില്ല ദ്വൈതത്വം നിഷേധിച്ചു അദ്വൈതം അതാണല്ലോ അദ്വൈതം നിഷേധിക്കുന്നതാണല്ലോ സർവവും താൻ തന്നെ വാസുദേവ സർവമിതി ആ ഒരു നിലയിലെത്തി അങ്ങനെയിരിക്കുന്ന ഗുരുവന് രണ്ടാമതൊന്നിനെ കാണാതെ അജ്ഞാനമില്ലാത്തവന് എങ്ങനെ അജ്ഞാനത്തെ കാണാൻ പറ്റും അതിനെ കാണാതെ അജ്ഞാനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അജ്ഞാനത്തിന് അടിമയായിരിക്കുന്ന ഒരു ജീവനെങ്ങനെ കാണാൻ പറ്റും ഏകനായിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെ കാണുമ്പോൾ പിന്നെ ഇവിടെ അന്യനായൊരു ജീവൻ ഇവിടെ സംസാരത്തിൽ നിന്നും മുക്തനായവന് പിന്നെ സംസാരിയില്ല പിന്നെ ഏതാ ശിഷ്യൻ തൃക്കാലത്തിനും താൻ മുക്കനാണെന്നാണ് അറിയുന്നത് പിന്നെ ഇവിടെ ബന്ധനസ്ഥനായ ഒരു ജീവൻ അവിടെ കാണാൻ പറ്റും അങ്ങനെ ഗുരുവിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ ഉപദേശിക്കും അതിനെന്താ യുക്തി എന്നാണ് അങ്ങനെ ചോദിക്കും പിന്നെ ഈ ഉപദേശം ആരാരും ഉപദേശിക്കുന്നു എല്ലാം പിന്നെ രണ്ടാമതൊന്നുമില്ലെങ്കിൽ പിന്നെ ആരെ ഉപദേശിക്കും എനിപ്പറിയണല്ല അജ്ഞനായ ശിഷ്യനെ കൊണ്ട് ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഗുരു അജ്ഞാനത്തെ അറിയുന്നു അജ്ഞാനത്തെ അറിയുന്നുണ്ടെങ്കിൽ അജ്ഞാനം നശിച്ചു എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് ഇരുട്ടും മാറിയിട്ട് വീണ്ടും ഇരുട്ടോ അതങ്ങനെ സംഭവിക്കും നേരിട്ടില്ലാതെതിനെ ഇങ്ങനെ അജ്ഞനായ ശിഷ്യനുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെയോ ഒരു ഉപദേശത്തിന് നിലയില്ലാതെ ഉപദേശിക്കാൻ ആരും ഇല്ലെന്ന് വരുവാദ്വൈതത്തിൽ എന്ന് പറയും അതിനൊക്കെ സമാധാനമാണ് കൂടെ പറയുന്നു അതുകൊണ്ടിവിടെ അത്യന്ത പ്രത്യാഖ്യാനം ചെയ്യാൻ ഗുരു ആത്മനിഷ്ഠനായി സംസാര നിവൃത്തി സംഭവിച്ചു അജ്ഞാനം നശിച്ചു അതെല്ലാം ഗുരുവിനെ സംബന്ധിച്ച് ശരിയാണ് അതുപോലെ ഒരു ശരി സംസാരത്തിൽ സംസാരിയായ ശിഷ്യൻ അവന്റെ അജ്ഞാനം അവന്റെ അജ്ഞാന നിവൃത്തിക്ക് വേണ്ടി ഒരു ശ്രമം ഇതെല്ലാം മറ്റൊരു തലത്തിൽ സംഭവിച്ചുകൊണ്ടായിരിക്കും ഏതുപോലെ പാരമാർത്ഥികമായി നിത്യമുക്തനായിരുന്നിട്ട് തന്നെ ഈ ആത്മാവ് ഗുരുവായും ശിഷ്യനായും നിൽക്കുന്നത് പോലെ അതുപോലെ മറ്റൊരു തലത്തിൽ ഇതിനെല്ലാം സാർത്ഥകതയുണ്ട് അങ്ങനെയാണ് അദ്വൈതികളും പാരമാർത്ഥികവും വ്യവഹാരികമെന്നും തിരിക്കുന്നു ആത്മാവ് നിത്യശുദ്ധ മുക്തസ്വരൂപമായിരുന്നിട്ട് സംസാരം നിലനിർത്തും ഒന്ന് പാരമാർത്ഥികം മറ്റൊന്ന് വ്യവഹാരികം ഇതുപോലെ ഗുരു ശിഷ്യബന്ധത്തിലുമുണ്ട് ഗുരുവിന്റെ പാരമാർത്ഥിക നില ശിഷ്യന്റെ വ്യാവഹാരികമായ നില ഇതിനെയെല്ലാം നിലനിർത്തുന്നതാണ് ഈ ആത്മതത്വം അതെങ്ങനെ നിലനിർത്തും അതുതന്നെയാണ് ഈ സംസാരത്തെയും ബന്ധത്തെയും മോക്ഷത്തെയും നിലനിർത്തുന്നത് ഈ പ്രപഞ്ചത്തെ എല്ലാം തന്നെ നിലനിർത്തുന്നത് ആത്മതത്വമാണ് അതിൽ അതിന് ബന്ധമോക്ഷങ്ങളെല്ലാം നിലനിർത്താൻ പറ്റും അവിടെ ഇതെല്ലാം സംഭവിക്കുന്നു അതുകൊണ്ടിവിടെ ഒന്നിനെയും ആത്യന്തികമായി നിഷേധിക്കുന്നില്ല ഉപദേശത്തിനും സാർത്ഥകതയുണ്ട് ഉപദേശഗ്രഹണത്തിനും സാർത്ഥകതയുണ്ട് ബന്ധത്തിനും മോക്ഷത്തിനും നിലയുണ്ട് അതാണ് അടുത്ത് പറയുന്നത് സത്യമേവം പ്രത്യക്ഷാദിവി പ്രമാണപരപ്രത്യായതും ശക്ത ആഗമേനത് ശക്യതേ ഏകും പ്രത്യായ ഇവിടെ പരമാർത്ഥത്തിൽ സംസാര നിവൃത്തമാണെങ്കിലും ഓരോരോ ജീവന്മാരും സംസാരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നിരിക്കും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനകത്ത് പരമാർത്ഥത്തെ പ്രമാണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ലെങ്കിലും അതിനെ ഗ്രഹിക്കുന്നതിനുള്ള വഴിയുമുണ്ട് സത്യമേവോ നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ഇതിൽ പ്രത്യക്ഷമായി പ്രകടമായി വൈരുദ്ധ്യങ്ങളുണ്ട് നിങ്ങളുടെ ഉപദേശത്ത് അതിനീകരിക്കുന്നു അർദ്ധസത്യം സത്യം എന്നു വെച്ചാൽ അർദ്ധസത്യം നിങ്ങൾ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ടെന്നുള്ളൂ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയെന്നല്ല നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് ഒരു തരത്തിൽ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്തുകൊണ്ട് നമ്മൾ രണ്ടും കാണുന്നില്ല ഒന്ന് കണ്ണാടിയുടെ സ്വച്ഛത മറ്റൊന്ന് അതേ സ്വച്ഛമായ കണ്ണാടിയിൽ തന്നെ നേരിടുക രണ്ടിനെയും നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു കണ്ണാടിയിൽ നിങ്ങൾ നെഴലുകൾ കാണുമ്പോൾ തന്നെ കണ്ണാടി സ്വച്ഛമായി ഇരിക്കുന്നു കണ്ണാടി സ്വച്ഛമായി ഇരിക്കുക തന്നെ അതിൽ പല വികൃതമായ രൂപങ്ങളും കാണുന്നു ഇതിന് രണ്ടിനെയും അംഗീകരിക്കേണ്ടി അപ്പോൾ നിങ്ങൾക്ക് രണ്ടും പറയാൻ പറ്റും എന്താണ് കണ്ണാടി മാലിന്യം മുക്തമാണ് എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല എന്തുകൊണ്ട് കണ്ണാടിയിൽ ഒന്നുമില്ല പക്ഷേ അത് മലിനമാണെന്ന് പറയുന്നത് കൊണ്ട് സർവ മാലിന്യങ്ങളുടെയും പ്രതിബിംബാതി വരുന്നുണ്ട് ഇതാണ് വൈരുദ്ധ്യത്തെ അവിടെ സമന്വയിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ബന്ധമോക്ഷങ്ങളെ ഒരേ തത്വത്തിൽ സമന്വയിപ്പിച്ചിരിക്കുകയാണ് ഒരേ സമയം അത് ബന്ധനത്തിനും ഒരേ സമയം അത് മുക്തമായിരിക്കുന്നു അപ്പം അവിടെ ഗുരുവിന് സ്ഥാനമുണ്ട് ശിഷ്യനും സ്ഥാനമുണ്ട് ഉപദേശത്തിന് സ്ഥാനമുണ്ട് ഉപദേശഗ്രഹണത്തിന് സ്ഥാനമുണ്ട് രണ്ടും ഉണ്ടെങ്കിൽ അതിനുള്ള വഴികളും കാണും ശരിയാണ് പ്രത്യക്ഷം കൊണ്ടൊന്നും അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല പക്ഷെ മറ്റെന്തെങ്കിലും വഴി കാണും അതാണ് പറയുന്നത് സത്യമേവം പ്രത്യക്ഷാദിപിഹി പ്രമാണഹി പ്രത്യക്ഷാതി പ്രമാണങ്ങളെ കൊണ്ട് എന്നാൽ പരപ്രത്യായതും ശക്തി ഇത് വേറെ തന്നെ ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്നുവെച്ചാൽ ചൂണ്ടിക്കാണിച്ചുകൊടുക്കാൻ സാധ്യമല്ല കണ്ണുകൊണ്ട് കാട്ടിക്കൊടുക്കാൻ സാധ്യമല്ല വാക്കുകൊണ്ട് പറഞ്ഞുകൊടുക്കാൻ സാധ്യമല്ല എന്നാൽ ആഗമേനത്തു ശക്തിയതേ ദൈവം പ്രത്യായിരുന്നു ആഗമത്തിലൂടെ അതിന് സാധ്യതയുണ്ട് എന്ന കണ്ണിൻ്റെ കണ്ണായിരിക്കുന്ന ആഗമം അതാണ് ആഗമംന്ന് പറയുന്നത് എന്താണ് ഉപദേശ പാരമ്പര്യം അതിനാണ് ആഗമംന്ന് പറയുന്നത് ആഗമത്തിലൂടെ അടുത്ത് ആചാരം പറയുന്നതാണ് ഇത് പൂർവികന്മാരിൽ നിന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നാണ് അതാണ് അതിനുള്ള പ്രായം ആഗമത്തിലൂടെ ഉപദേശ പാരമ്പര്യത്തിലൂടെ നടത്തി ഉപദേശ പാരമ്പര്യത്തിലൂടെ ഇത്രയൊക്കെ പറഞ്ഞതിനു ശേഷം വീണ്ടും ഉപദേശ പാരമ്പര്യത്തിലൂടെ ഇതിനെ ബോധിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നേരത്തെ പറഞ്ഞു അധ്യായോ പങ്കുവർത്തി അധ്യാസ നിവൃത്തി അജ്ഞാനനാശം ഈ രീതി ഈ രീതിയിൽ ആ ഗുരുപരമ്പരയിലൂടെ ഉപദേശ പാരമ്പര്യത്തിലൂടെ നിന്നെ ബോധിപ്പിക്കാൻ പറ്റും അല്ലാ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാനോ ചെവി കൊണ്ട് കഴിപ്പിച്ചു കൊടുക്കാനോ ഒന്നും സാധ്യമല്ല ശിഷ്യൻ ഒരു പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കണ്ണുകൊണ്ട് കാണണം അത് സാധ്യമല്ല അതിനാണ് നിഷേധിക്കുന്നത് തത് ഉപദേശാർത്ഥം ആഗോമാകാറ് ആ ഉപദേശ പാരമ്പര്യം അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അന്യദേവതാ അധോ അവിദിദി ശുശ്രുമപൂർവേഷാം േ നക്ഷിരേ